കുറച്ച് കടന്നുപോയില്ലേ കുറച്ച് കടന്നുപോയി ഗീതയുടെ വിഷയം യുദ്ധമല്ല പരമാർത്ഥമാണ് ആരാരോട് ഞാൻ യോജിക്കുന്നില്ല കാരണം എൻ്റെ കൃഷ്ണൻ യുദ്ധത്തിൻ്റെ പ്രവത്ഘാടകനല്ല എൻ്റെ ഗീത യുദ്ധത്തിനുള്ളതുമല്ല സമസ്ത യുദ്ധങ്ങളിൽ നിന്നും മാനവന മോചിപ്പിക്കുന്നതാണ് ഗീത ആദ്യ ശ്ലോകം മുതൽ അവസാനത്തെ ശ്ലോകം വരെ അങ്ങനെയേ പഠിക്കാൻ പറ്റൂ മറ്റൊരു വ്യാഖ്യാനമില്ല അല്ലാത്തൊരു പഠനവും പാഠ്യപദ്ധതിയും ഗീതയ്ക്കില്ല അതുകൊണ്ട് മാരാര് ആഞ്ഞ അടിക്കുന്നത് കീരി വന്ന് കഥ അറിയാം നിങ്ങൾക്ക് ഗംഗേമമായ രാജസൂയം കഴിഞ്ഞ് ഞെളിഞ്ഞിരിക്കുമ്പോൾ യുധിഷ്ഠിനോട് പറഞ്ഞത് പണ്ടൊരു പട്ടിണിപ്പാവം ഒരു ദിവസം കൂടെ പട്ടിണി കിടന്നിട്ട് അതിഥിയെ സൽക്കരിച്ചതിന്റെ മഹാത്മ്യം തൻ്റെ ഈ യാഗത്തിനില്ലെന്ന് രണ്ട് ജ്യേഷ്ഠനാണ് കർണൻ എന്നറിയുമ്പോ അമ്മയായ കുന്തിയോട് ഇതേ യുധിഷ്ഠിരൻ പറഞ്ഞത് ഇനി ഒരു സ്ത്രീക്കും ജീവിതത്തിൽ ഒരിക്കലും ഒരു രഹസ്യവും സൂക്ഷിക്കാൻ ഇടയാകാതെ പോകട്ടെ എന്നാണ് മാത്രമല്ല സവിച്ച് നിങ്ങളെ ഒക്കെ ഇപ്പൊ അത് തോന്നുന്നു ാലോചിച്ച് നോക്കുക എത്ര ശക്തമാണ് ഈ വാക്കുകൾ ഗീത എന്താണ് കൊടുത്തത് യുദ്ധത്തിനാണ് ഗീതയെങ്കിൽ ഭഗവത് വചനങ്ങളെ കേക്കാതെയാണ് ഇമ്പവും അൻപും അനുകമ്പയും വിട്ടുപോയതുകൊണ്ടാണ് അർജുനൻ യുദ്ധം ചെയ്തത് അങ്ങനെയെങ്കിൽ സ്വാമിജി ഒരുമാതിരി വേലവെച്ചങ്ങേറ്റു പോവും സ്വാമിജി തന്നെ രണ്ട് ശ്ലോകമൊക്കെ ചൊല്ലി അതെങ്ങനെ ഞങ്ങൾ പഠിക്കും എന്ന് അവിടെ നിന്നൊരു വയസ്സായ തോണ്ടി അയാൾ ഒരുമാതിരി ഇരുട്ടുകൊണ്ട് ഓട്ടയട ചിൽ പങ്ങ് ഏറ്റുപോകും അയാൾ തന്നെ രണ്ട് ശ്ലോകം ചൊല്ലി വെച്ചിട്ടുണ്ട് അതെങ്ങനെ നമ്മൾ വ്യാഖ്യാനിക്കും അടുത്തിരുന്നയാളിനെ ഒന്ന് തോണ്ടിയിട്ട് പോയ പറഞ്ഞു വിലയാണിത് വിലയല്ല സ്വധർമ്മിജാപേക്ഷ്യർഹസി സ്വധർമ്മേക്ഷരൻ ഭാഷ്യത്തിൽ മനോഹരമായി പറഞ്ഞിട്ടുണ്ട് ക്ഷത്രോ ഭുവനേശ്വരൂഢ എന്ന് കാളിദാസൻ രഘുവംശത്തിൽ പറയും ക്ഷത്രിയൻ ബ്രാഹ്മണനും ഗുരുവാണെന്ന് ബൃഹദാരണ്യകം പറയും അതുകൊണ്ട് അല്പം വർണ്ണവിചാരവുമാകാം നിങ്ങൾ പഠിച്ച പോലല്ല ബൃഹദാരണ്യകത്തിൽ ശ്രുതിയിൽ ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ പാദാന്തികത്തിലിരുന്ന് വേണം വിദ്യ അഭ്യസിക്കാൻ ഇങ്ങനെയാണോ പഠിച്ചിരിക്കുന്നത് അല്ലല്ലോ ബൃഹദാരണ്യകം ഒന്ന് നാല് പതിനൊന്ന് വീട്ടിൽ പോയിച്ചു വായിച്ചു ബ്രാഹ്മണന്റെ മുകളിലാ ക്ഷരിയൻ തസ്മാത്രാത്പരം നാസ്തി ക്ഷത്രിയന്റെ മുകളിലല്ല ബ്രാഹ്മണൻ ക്ഷത്രിയനാണ് മുകളിൽ ക്ഷത്രിയന് മുകളിലില്ല രാജസൂയം കഴിഞ്ഞ ക്ഷത്രിയന്റെ പാദാന്തികത്തിൽ ഇരുന്ന് വേണം ബ്രാഹ്മണൻ പഠിക്കാൻ ബ്രാഹ്മണൻ വിദ്യാർത്ഥി ഉപനിഷത്തുകളായ ഉപനിഷത്തുകളിൽ നജികേതസുബ്രാഹ്മണനാണ് വൈശ്വാനര പ്രവിശത്യ അതിഥിർ ബ്രാഹ്മണോ ഗൃഹൻ അതിൽ വിദ്യാർത്ഥിയാണ് ബ്രഹ്മജ്ഞാനിയല്ല ബ്രാഹ്മണന്റെ ലക്ഷണം ശാന്തത്തിൽ പറയും ജാബാലൻ പഠിക്കാൻ ചെന്നു ഗുരു പറഞ്ഞു നിന്റെ അച്ഛൻ ആരാണ് ഗോത്രം ഏതാണ് ചോദിച്ചുവാ അതിൽ നിന്ന് അമ്മയോട് ചോദിച്ചു ജാബാലയോട് അമ്മ എൻ്റെ ഗോത്രം ഏതാണ് അച്ഛൻ ആരാണ് എൻ്റെ മോനെ ഞാൻ ഒരുപാട് സ്ഥലത്ത് അടിച്ചു തെളിക്കാൻ പോയി എവിടുന്നാ നീ ഉണ്ടായതെന്ന് നല്ല നിശ്ചയില്ല അതുകൊണ്ട് നിന്റെ അച്ഛനെയും നിന്റെ ഗോത്രത്തെയും എനിക്ക് നിശ്ചയില്ല നീ അതുകൊണ്ട് ചെന്ന് നിന്റെ ആചാര്യനോട് പറയുക എൻ്റെ അമ്മ ജാബാലയാണ് അമ്മയ്ക്ക് അച്ഛനെ അറിയില്ല അതുകൊണ്ട് അമ്മയുടെ ഗോത്രമാണന്റെ ഗോത്രമെന്ന് നീ എന്ന് ആചാര്യനോട് പറയുക അവൻ ചെന്ന് അതുപോലെ പറഞ്ഞു ഗുരു പ്രതിവചിച്ചൊരു വാചകുണ്ട് സത്യകാമ നീയാണ് ബ്രാഹ്മണൻ നിങ്ങളിത് വ്യാഖ്യാനിച്ചാൽ എങ്ങനെയാണ് അച്ഛനാരണെന്ന് അറിയാൻ മേലാത്തവനൊക്കെ ബ്രാഹ്മണനാണെന്നായിരിക്കും പറയാ ചാന്തോക്യം എടുത്ത് വായിച്ചു നോക്കുക അപ്പൊ ആരാണ് ബ്രാഹ്മണൻ പഠിക്കാൻ ചെല്ലുന്നവൻ വിദ്യാർത്ഥി അവസ്ഥയിലേക്ക് ഉയർന്നാൽ അവൻ ബ്രാഹ്മണനായി ബ്രഹ്മജ്ഞാനിയല്ല അവനെ പഠിപ്പിക്കുന്ന അനുഭവസമ്പന്നനായ ക്ഷത്രിയൻ ശതം ത്രാണനം ചെയ്തവൻ വർണ്ണവ്യവസ്ഥയുടെ ഊടും പാവവും നല്ലപോലെ അറിഞ്ഞു പഠിക്കണം ഇവിടെ ആ ക്ഷത്രിയന്റെ കാര്യമാണ് പറയുന്നത് അതിൽ സ്വധർമ്മമാ പറയുന്നത് ക്ഷത്രിയന്റെ സ്വധർമ്മം അത് ധർമ്മ്യമായ യുദ്ധത്തിൽ നിന്നും വേറെയല്ല സാധാരണ യുദ്ധം നല്ല പറഞ്ഞിരിക്കുന്നെ ധർമ്മ്യം വിശേഷണമുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കേണ്ടി വരും അത് നമുക്ക് നോക്കാം അടുത്ത ശ്ലോകവും കൂടെ കഴിഞ്ഞു നോക്കാം ധർമ്മ്യാത് യുദ്ധാത് അന്യത് യുദ്ധാദ് അന്യത്ത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സംഗതി ക്ലിയർ ആയനെ മഹാഭാരത യുദ്ധമായനെ യുദ്ധാദ് അന്യത്ത് എന്നല്ല പറഞ്ഞ ധർമ്മ്യാത് യുദ്ധാ അന്യത് മാത്രമല്ല അവിടെ സ്വധർമ്മവുമാണ് പോട്ടെ അതുകൊണ്ട് ഉറപ്പ് വേണ്ട അടുത്ത ശ്ലോകം നോക്കാം യദൃശയാജ ഉപന്നം മഹാഭാരത യുദ്ധത്തെക്കുറിച്ച് ധൃതരാഷ്ട്രം തന്നെ പറയുന്നുണ്ട് യുദ്ധത്തിന് മുമ്പ് സഞ്ജയ പണ്ട് അരക്കില്ലത്തിന് തീ വീണപ്പോൾ ഞാൻ തീരുമാനിച്ചു യുദ്ധമുണ്ടാകുമെന്നും ദുര്യോധന അസ്തമിക്കുമെന്നും സഞ്ജയ രാജസൂയം കഴിഞ്ഞ പാണ്ഡവന്മാർ അഹങ്കരിച്ചു നിൽക്കുമ്പോൾ എൻ്റെ പുത്രൻ വെള്ളമോ കരയോ എന്നറിയാതെ നടന്ന് നീങ്ങിയപ്പോൾ അവന്റെ പതനം കണ്ട് പാഞ്ചാലിയും അർജുനനും പൊട്ടിച്ചിരിക്കുമ്പോൾ ഞാൻ അറിഞ്ഞു ഈ യുദ്ധം സഞ്ജയ അതിനു മുമ്പ് അർജുനൻ നിറഞ്ഞ സദസ്സിൽ വെച്ച് പാഞ്ചാലിയെ വേട്ടപ്പോൾ ഞാൻ അറിഞ്ഞു ഈ യുദ്ധമുണ്ടാകുന്നു സൂതപുത്രനെ എനിക്ക് വേണ്ടച്ഛ എന്നവൾ പഞ്ചവർണ കിളിൽ കൂട് തകർക്കാൻ പോകുന്ന കർണനെ നോക്കി പ്രതിവചിച്ചപ്പോൾ ഈ യുദ്ധം ഞാൻ അറിഞ്ഞു രാജതൽപത്തിൽ പാഞ്ചാലിയെ പണയം വെച്ച് യുധിഷ്ഠിരൻ സ്വയം അടിമയായി കഴിഞ്ഞ് ഭാര്യയെ പിന്നീട് അടിമയാക്കിയപ്പോൾ ഞാൻ അറിഞ്ഞു ധർമ്മം പോയെന്നും ഈ യുദ്ധമുണ്ടെന്നും സഞ്ജയ രജസ്വലയായ പാഞ്ചാലിയെ എൻ്റെ പുത്രൻ മുടിക്ക് പിടിച്ച് വലിച്ചു കൊണ്ടിരുമ്പോൾ യുദ്ധവും എൻ്റെ പുത്രന്മാരുടെ അന്ത്യവും ഞാൻ കണ്ടു ഇങ്ങനെ മഹാഭാരതത്തിൻ്റെ ഒരു സന്ദർഭം കൃഷ്ണൻ അർജുനനോട് പറയുമ്പോൾ എതിർച്ഛയാച ഉപപന്നം യുദ്ധം എന്നാണ് പദം മഹാഭാരത യുദ്ധം അപ്രാർത്ഥിക ആഗതമല്ല ശങ്കരൻ അതിന് ഭാഷ്യം ചമയ്ക്കുമ്പോൾ അപ്രാർത്ഥിതയ ആഗതം വ്യാഖ്യാതാവ് കാണാതെ പോയത് അതാണ് ഭാഷ്യം വേണ്ട എതിർച്ഛയ മഹാഭാരത യുദ്ധം ധ്രുപദ പുരോഹിതൻ ചെന്ന് തൂതു പറയുക കൃഷ്ണൻ ചെന്ന് തൂതു പറയുക സൂച്യമഗ്രം അഭിന ദാസ്യാമി വിനായുദ്ധേന എന്ന് ദുര്യോധനൻ പറയുക അത് ധൃതരാഷ്ട്രം തന്നെ തൻ്റെ തേരാളിയായ സഞ്ജയനെ യുദ്ധം ഒഴിവാക്കാൻ യുധിഷ്ഠിൻ്റെ അടുക്കൽ പറഞ്ഞു വിടുക അത് പരാജയപ്പെടുക ഇതെല്ലാം കഴിഞ്ഞ് നടന്നൊരു യുദ്ധം എന്നിട്ടും യാദൃച്ഛികമാണെന്ന ഗീതയിൽ കണ്ടിട്ട് വ്യാഖ്യാതാവും വായനക്കാരും ആ യാദൃച്ഛിക ശബ്ദത്തിന് അർത്ഥം കൽപ്പിക്കാതെ മഹാഭാരത യുദ്ധം യാദൃച്ഛികമെന്ന് ധരിക്കുന്നു എങ്കിൽ അതെഴുതിയ വ്യാസന്റെയോ ഗീത ഉപദേശിച്ച കൃഷ്ണന്റെയോ അല്ല അത് വായിക്കുന്ന വായനക്കാരൻ അക്ഷരാഭ്യാസം ഇല്ലാതെ പോയതാണ് മനസ്സിലായില്ല മനസ്സിലായില്ല നിങ്ങൾ വായിച്ചിട്ടില്ല വായിച്ചിട്ടില്ല ഞാൻ പറഞ്ഞ പോലല്ല എതിർച്ഛയാച ഉപന്നം യുദ്ധം ശരിയല്ല മഹാഭാരത യുദ്ധം യാദൃച്ഛികമല്ല അങ്ങനെയാണെങ്കിൽ ഈ യാദൃച്ഛിക യുദ്ധം ഏതാണ് മഹാഭാരത യുദ്ധം അല്ല കൃഷ്ണന്റെ ചർച്ചയിലെ യുദ്ധം സ്പഷ്ടമാണ് ഇനി അതിന് ഒരു വിശേഷവും കൂടെ ഉണ്ട് സ്വർഗദ്വാരമാവൃതം അപാവൃതം തുറന്നുവെച്ച സ്വർഗദ്വാരമാണ് അടയ്ക്കുന്നില്ല ഒമ്പതാം അധ്യായത്തിൽ സാധാരണ സ്വർഗത്തെ കൃഷ്ണൻ നിന്ദിക്കുന്നുണ്ട് ഇവിടെ ഒരു സ്വർഗത്തെ പ്രശംസിക്കുന്നുണ്ട് ഒന്നുകിൽ കൃഷ്ണന് എന്തോ പന്തിയേടുണ്ടാവണം ഇല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം വ്യത്യാസം ഉണ്ടാവണം ഒമ്പതാം അധ്യായത്തിൽ സ്വർഗലോകം വിശാലം ജീണേ പുണ്യേ മർത്യലോകം വിശന്തി എന്ന് സ്വർഗകാമനയുള്ളവനെ നിന്ദിക്കുകയാണ് ഇവിടെ അർജുനനോട് പറയുകയാണ് ഈ ധർമ്മ്യമായ യുദ്ധം യാദൃച്ഛികമാണെന്നും ഇത് തുറന്നു വെച്ച സ്വർഗമാണെന്നും ഇതൊരിക്കലും അടക്കിയല്ല പോയാൽ തിരിച്ചു വരണ്ട തിരിച്ചു വരുന്ന സ്വർഗവും ഇത് തിരിച്ചു വരാത്ത സ്വർഗവുമാണ് അങ്ങനൊരു സ്വർഗത്തെ ശ്രുതി പറയുന്നുണ്ടോ കേനോ വരുഷത്തിൽ അനന്ത സ്വർഗേ ജേയെ പ്രതിഷ്ഠതി പ്രതിഷ്ഠതി എന്ന് പറയുന്നുണ്ട് അനന്തമായ സ്വർഗം മറ്റത് ശാന്ത സ്വർഗം സാക്ഷാത്കാരം കിട്ടുന്ന സാധനം അതിനെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന യുദ്ധം അത് ഏത് യുദ്ധമാ യാതൃശ്ചികമാർഗദ്വാരൃതം ക്ഷത്രിയ ഹേ പാർ ഈ ദൃശ്യം യുദ്ധം ലഭന്തേ ഈ യുദ്ധം ലഭിച്ചാൽ ക്ഷത്രിയൻ സുഖിയാകും ദുഃഖമേ ഉണ്ടാവില്ല അവിടെ ഒരു പദവും കൂടെ പറയാണ് മഹാഭാരത യുദ്ധക്കളത്തിൽ നിന്നിട്ട് വീണ്ടും പറയുക ഈ ദൃശ്യം യുദ്ധം മഹാഭാരത യുദ്ധമാണെങ്കിൽ പിന്നെ ഈ ദൃശ്യം വേണോ ചോദ്യം മനസ്സിലായില്ല വേണോ ഇനി നമുക്ക് നോക്കാൻ കാരണം എന്താ പതിനായിരക്കണക്കിന് യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് അർജുനൻ അർജുനൻ ഇന്നോളം എതിരാളിയെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുകയും തലയുരുട്ടുകയും ചെയ്തിട്ടുണ്ട് എന്തിന് ളോട് മാത്രം അർജുനൻ ശഹിതനാകാതെ യുദ്ധം ചെയ്തിട്ടുണ്ട് ബന്ധുക്കളോട് മാത്രം വിരാട വെച്ച് ഒറ്റയ്ക്ക് അന്ന് ഒറ്റയ്ക്കാണ് യുദ്ധം ചെയ്തത് വിരാടന്റെ പുത്രനാകുന്ന രാജ്യം തരാം ഇഷ്ടം പോലെ സ്വത്ത് തരാം അയ്യോ എന്നെ മുന്നോട്ട് കൊണ്ടുപോയത് തേര് നിർത്ത് ധേരാളിയായിരുന്നു അർജുനൻ ഒളി ഒരു ഇവനെ പിടിച്ച് ധേരാളിയാക്കിയിട്ട് ഗാന്ധീപം ഒക്കെ മരത്തിന് മോളിന്നെടുത്ത് ആ ഗാന്ധീവം പുലയേറ്റി രണ്ട് അസ്ത്രങ്ങൾ ദ്രോണാചാര്യന്റെ കാൽപാദത്തിലേക്ക് അയച്ച് രണ്ടെണ്ണം ദ്രോണാചാര്യന്റെ കർണങ്ങളുടെ സൈഡിലൂടെ പാഞ്ഞു പോയപ്പോൾ അവിടെ നിന്ന് ഭീഷ്മന് പറഞ്ഞു ആചാര്യ അർജുനൻ നമസ്കരിക്കുന്നു അനുഗ്രഹിക്കൂ ആചാര്യൻ രണ്ട് അസ്ത്രങ്ങൾ അർജുനന്റെ തലയ്ക്ക് മുകളിലൂടെ പായിച്ച് അനുഗ്രഹവും നേടി അർജുനൻ ആ ആചാര്യനോട് ദ്രോണർ പിതാമഹനായ ഭീഷ്മൻ കുലഗുരുവായ കൃപൻ ഗുരുപുത്രനായ അശ്വത്ഥാമാവ് സഹോദരന്മാരടങ്ങുന്ന ദുര്യോധനാദികൾ അവരോട് മാത്രം പോരാടി വീരോഷിതമായി അന്ന് തളർന്നില്ല ഇന്ന് അർജുനൻ യുദ്ധക്കളത്തിൽ പിതാമഹന്മാരെ കണ്ടു മഹാഭാരത യുദ്ധക്കളത്തിൽ ആരും ഒരു പിതാമഹനേ ഉള്ളൂ ഭീഷ്മർ ഏകവചനമല്ല ദ്വചനോ അല്ല ഉപയോഗിച്ചിരിക്കുന്നത് പിതാമഹാൻ ബഹുവചനമാണ് ആ യുദ്ധക്കളത്തിൽ ഭഗവാൻ ധരിക്കുന്ന നേരിൽ അർജുനൻ ഇരുന്നു നോക്കിയപ്പോൾ പൗത്രന്മാരെ കണ്ടു അർജുനന്റെ പുത്രന്റെ പുത്രൻ യുധിഷ്ഠിരന്റെ പുത്രന്റെ പുത്രൻ ദുര്യോധനന്റെ പുത്രന്റെ പുത്രൻ ഭീമന്റെ പുത്രന്റെ പുത്രൻ ഇവരാരും യുദ്ധകളത്തിൽ എന്നിട്ടും അർജുനൻ പൗത്രന്മാരെ കണ്ടു ബഹുവചനമാണ് പിതാക്കന്മാരെ കണ്ടു ബീജദാതാവായ ഇന്ദ്രനില്ല ക്ഷേത്രദാതാവായ പാണ്ഡുവില്ല പിതൃസ്ഥാനീയരായ വിതുരനും ധൃതരാഷ്ട്രനും ഇല്ല പിന്നെയും പിതാക്കന്മാരെ കണ്ടു പതിനായിരക്കണക്കിന് യുദ്ധങ്ങളിൽ പങ്കെടുത്തിയ അർജുനൻ കൃഷ്ണന്റെ ശംഖുലിയുടെ മെച്ചം കൊണ്ടാകാം പാഞ്ചജന്യം എന്ന ശംഖിൽ നിന്ന് ഉതിർന്നു വീണ പ്രണവനിസ്വനത്തിന്റെ മനോഹാരിത കൊണ്ടാകാം നിഷ്കളങ്കനും അനുകമ്പ പരവശനും ആയുധമില്ലാത്തവനും കപടനാടക സൂത്രധാരിയുമായ കൃഷ്ണന്റെ സാമീപ്യം ഒന്നുകൊണ്ട് മാത്രമാകാം അർജുനൻ അവിടെ നിൽക്കുന്നവരെ മൊത്തം നോക്കിയപ്പോൾ താൻ ഉൾപ്പെടെ എല്ലാവരും പിതാവും പിതാമഹനും ആചാര്യനും മാതുലനും ശ്യാലനും സംബന്ധിയും എല്ലാം എല്ലാമാണ് വ്യക്തിയുടെ സ്വരൂപം നഷ്ടമാവുകയും സാമൂഹ്യ സത്തയിലേക്ക് താൻ ഉയരുകയും ചെയ്തപ്പോൾ ഇന്നോളം താൻ നടത്തിയിട്ടുള്ള എല്ലാ യുദ്ധങ്ങളിലും അഹന്തയും മമതയും കൊണ്ട് ആയിരക്കണക്കിന് എതിരാളികളെ അരിഞ്ഞു വീഴ്ത്തിയിട്ടുള്ള അർജുനൻ ഇതം പ്രഥമമായി അർജുനനോട് ഏറ്റുമുട്ടി അത് ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെയും അവസാനത്തെയും യുദ്ധമാണ് യു കാൻ ഫോളോ അർജുനന്റെ മനസ്സിനകത്ത് അർജുനൻ എതിരാളിയായി വരുന്ന അവിടെ പരമാർത്ഥം പഠിപ്പിച്ചിട്ട് കാര്യുള്ളൂ അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞ ശ്ലോകങ്ങളിൽ ഞാൻ പറഞ്ഞു അശോചിയാൻ അന്വശോചസ്വം യാഷ സർവഭൂതാനാം യഥാസം ഹരദേ ചായം ധൂർമോംഗാനീവ സർവശ ഈ ശ്ലോകമൊക്കെ വായിച്ചിട്ട് എങ്ങനെ നിങ്ങൾ വ്യാഖ്യാനിക്കും യുദ്ധത്തിനാണെന്ന് ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയാർത്ഥങ്ങളിൽ നിന്ന് പിൻവലിച്ച് ആമ തൻ്റെ അംഗങ്ങളെ എന്ന പോലെ നിലകൊള്ളുമ്പോഴാണ് സ്ഥിതപ്രജ്ഞനാകുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് യുദ്ധം ചെയ്യാനാണെന്ന് പറഞ്ഞാൽ ശുദ്ധമംഗത്വമെന്നല്ലാതെ പേര് പറയുന്നത് എന്തുമാണ് ഭഗവാന്റെ ഉപദേശങ്ങൾ അത്രയും കൃപയുടെയും കരുണയുടെ ഭക്തിയോഗത്തിൽ ഭഗവാൻ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് എത്തുമ്പോൾ പറഞ്ഞത് അദ്വേഷ്ടാമെന്നാണ് സർവഭൂതങ്ങൾ എന്നതിൽ ദുര്യോധനൻ പെടില്ലെന്നുണ്ടോ ദുശാസനൻ പെടില്ലെന്നുണ്ടോ ഭീഷ്മരും ദ്രോണരും പെടുകയില്ലേ അദ്വേഷ്ടൈത്ര കരുണ ഏവ നിർമ്മമോ നിരഹങ്ക സമദുഖ സുഖക്ഷമി സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ മയ്യർപ്പിത മനോബുദ്ധി ഭക്ത സമയപ്രിയ ഈ ഒരൊറ്റ ശ്ലോകം വെച്ച് ഭഗവാന്റെ ഭക്തന്റെ പട്ടികയിൽ അർജുനനെ എങ്ങനെ നിങ്ങൾപ്പെടുത്തും നിങ്ങളെയും എന്നെയും എങ്ങനെ പെടുത്തും ചോദ്യം മനസ്സിലായില്ല വീട്ടിൽ ചെല്ലുമ്പോൾ മനസ്സിലാവും അപ്പൊ എന്നെ ഒന്ന് തല്ലണമെന്ന് തോന്നും പക്ഷെ ഞാനപ്പോഴേ ചെന്നെത്തും അതുകൊണ്ട് ഇപ്പം ആലോചിച്ച് കണ്ടുപിടിക്കുക അദ്വേഷ്ട സർവഭൂതാനാം സർവഭൂതാനാം അദ്വേഷ്ടനി നമുക്കേതാണ് യുദ്ധമെന്ന് നോക്കാം അത് ഗംഭീരമായി മൂന്നാം അധ്യായം കർമ്മയോഗത്തിലാണ് പറയുന്നത് കർമ്മയോഗത്തിൽ ഭഗവാനോട് അർജുനൻ തന്നെ ചോദിക്കുന്നു കർമ്മയോഗമാണേ സാഖ്യയോഗ കാരണം അതിലിരിക്കുന്നതിലൊരാൾക്ക് സംശയവും അതായിരുന്നു സ്വാമിജി ഇതൊക്കെ സാങ്കേതി എന്നാണ് എടുത്ത് പറയുന്നേ ജ്ഞാനയോഗം സ്വാമി തൊടാത്ത ഒരു സാധനം തൊടുമ്പോഴാ കൊള്ളുന്ന കർമ്മയോഗം അതുകൊണ്ട് കർമ്മയോഗം തന്നെ ഇതിന് പ്രമാണം നോക്കിക്കോളൂ അർജുനൻ തന്നെ ചോദിക്കുന്നുണ്ട് ഭഗവാനോട് പാപം ചരതി പുരുഷ അനിച്ചൻ അഭിവാഷ്ണേ നിയോജിത ഭഗവാനെ ആരാൽ നിയുക്തനായിട്ടാണ് ഈ പുരുഷൻ ബലമായിട്ടെന്ന പോലെ ഈ പാപങ്ങളെയെല്ലാം ചെയ്തു കൂട്ടുന്നത് ഉത്തരം പറയേണ്ടത് എടാ ഞാൻ തന്നെയാണ് തട്ടിക്കുമെന്നാണ് പറയണ്ടേ അളിയനോട് അങ്ങനെയല്ല പറഞ്ഞു തട്ടളിയ എന്നല്ല അങ്ങനെ പറഞ്ഞെ ഭഗവാൻ പഠിപ്പിച്ച ഗീത യുദ്ധത്തിനായിരുന്നെങ്കിൽ ആര് നിയോഗിച്ചിട്ടാണ് ഈ യുദ്ധത്തെ ചെയ്യുന്നത് ഈ യുദ്ധമെല്ലാം ഈ പാപങ്ങളെല്ലാം ചെയ്യുന്നത് ഈ ഹിംസയെല്ലാം ഭഗവാന്റെ മറുപടി ഭഗവാനാണിത് ചെയ്യിക്കുന്നല്ല അതുകൊണ്ട് എന്തും കാണിച്ചിട്ട് ഉള്ളിലിരിക്കുന്ന ഭഗവാൻ പറഞ്ഞു ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അത് ദുര്യോധന പ്രമാണമാണ് തല്ലുവടിയൊന്നും ഭഗവാന്റെ സാധനം അല്ല മായയുടെ സാധനമാണ് അതൊക്കെ അജ്ഞാനത്തിൻ്റെ സാധനം മാത്രമാണ് അത് പോകുമ്പോഴേ സാധകനാവൂ തെരുവിളിയും തല്ലുമൊക്കെ ആര് ചെയ്താലും അജ്ഞാനം ഉണ്ടവിടെ എത്ര മഹാപുരുഷനായാലും അജ്ഞാനം കയറി വരുമ്പോൾ മറന്നു പോവും ബോധം പോവും അപ്പൊ തെരുവിളിയും അപ്പൊ തല്ലും അപ്പൊ കൊല്ലും ആ ഹിംസയൊന്നും ജ്ഞാനത്തിന്റെ അല്ല അയാളുടെ മായയുടേതാണ് അതൊക്കെ അയാൾ എപ്പോഴും നല്ല കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ അതിനെയും കൂടെ നന്നാക്കി എഴുതാൻ കുറെ ജീവചരിത്രകാരന്മാർ ഇറങ്ങിത്തിരിക്കും അതാണ് കുഴപ്പം അങ്ങനെ ജ്ഞാനത്തിൽ വൈകല്യം വരും ഇതൊക്കെ പഠിപ്പിച്ച് ഈ അനുകമ്പയൊക്കെ പഠിപ്പിച്ച് അങ്ങോട്ടിറങ്ങുമ്പോൾ ഒരുത്തനെ കണ്ട് സ്വാമി നിർമ്മലാനന്ദഗിരി ഒരു തൊഴി കൊടുത്താൽ ആ തൊഴി കൊണ്ട് അവൻ്റെ അപ്പൂപ്പന് മോക്ഷം കിട്ടിയെന്നൊരു ജീവചരിത്രകാരൻ എഴുതി തൊഴിയെ ന്യായീകരിക്കാൻ പോകരുത് ആ തൊഴി അസംബന്ധവും അജ്ഞാനവുമാണ് മനസിലായില്ല ഇങ്ങനെ കുറെ പണ്ഡിതന്മാർ ഈ നാട്ടിലുണ്ട് ഭാഷണ്ഡഹൃദയന്മാരായ പണ്ഡിതന്മാർ എന്താ രണ്ടടത്തും ഉണ്ട് ഉണ്ട് നന്നാവും അജ്ഞാനം തന്നെയാണ് ഉണ്ട് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് ഓതിയത് കാമ അതാണ് അനുകമ്പ ശ്രദ്ധിച്ചു നോക്കുക കാമ ഏഷ ക്രോധ മഹാശനു മഹാപാത്മാ വിധ്യേനം ഇത്ര മനോഹരമാണ് നോക്കുന്നത് ഭഗവാൻ ഏറ്റെടുത്തില്ലേ ഇത് അർജുന നിന്റെ കാമമാണ് അപ്പൊ അജ്ഞാനമാണ് അജ്ഞാനം കൊണ്ടേ കാമുള്ളൂ നിന്റെ കാമമാണ് അതേ കാമം പ്രതിഹതമാകുമ്പോഴുള്ള നിന്റെ ക്രോധമാണ് ഇതിൻ്റെ സൂത്രവാക്യം രണ്ടാമധ്യായം എഴുപത്തിരണ്ടാം ശ്ലോകത്തില് അറുപത്തിരണ്ടാം ശ്ലോകത്തില് ഭംഗിയായി പറഞ്ഞു അർജുനവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ ബുദ്ധിനാശാ പ്രണശ്യതി നമുക്കല്പം ആദ്യത്തെ ശ്ലോകത്തിലെ കരുണാകരനോട് ചേർക്കാം അനുകമ്പയോട് ചേർക്കാം ഇതിനൊരു മറുപറം ഭാഗവതത്തിലുണ്ട് വിഷയാൻ ധ്യായത ചിത്തം വിഷേഷു വിഷജത മാമനുസ്മരത ചിത്തം മയ്യേവ പ്രവിതീയത എന്നെ ചിന്തിക്കുന്നവൻ്റെ മനസ്സ് ഞാനായിത്തീരും വിഷയങ്ങളെ ചിന്തിക്കുന്നവൻ്റെ മനസ്സ് കലുഷിതമായി വിഷയാകാരം കൊണ്ട് വിനാശത്തിലെത്തും ആ നിലയിൽ അർജുനനോട് ഭഗവാൻ പറഞ്ഞു കാമമാണ് നിന്റെ ക്രോധമാണ് നിന്റെ ശത്രു ഈ ഭൂമിയിൽ ഒരു ശത്രുവെ നെ അത് നിന്റെ കാമമാണ് അതാണ് കാട്ടുതീ പോലെയെല്ലാം തിന്നൊടുക്കുന്നവനും മഹാശനോ മഹാപാത്മാ മഹാഭാപിയുമായ ആ കാമമാണ് ഈ ഭൂമിയിലെ നിന്റെ ശത്രു അവനെ ശത്രുവാണെന്ന് നീ അറിയുക അവനാണ് ൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഈശ്വരനല്ല എവിടെ ഹിംസയുണ്ടോ കാമെന്ന ശത്രു അകത്തുനിറങ്ങി വരുന്നുണ്ടോ നോർക്കണം അതിന് ഗീതാചാര്യൻ കൃഷ്ണൻ അർജുനനോട് അവസാനം അനുകമ്പാർദ്രമായി പറഞ്ഞു ഏവം ബുദ്ധേ പരം ബുദ്ധ സംസ്തം ആത്മന ആത്മാനം ആത്മന സം ബുദ്ധിക്കും അപ്പുറമാണ് ഈ തത്വമെന്നറിഞ്ഞ് മനസ്സിനെ മനസ്സുകൊണ്ടടക്കി ഉയർന്ന ഈശ്വരീയമായ അനുകമ്പർദ്രമായ മനസ്സുകൊണ്ട് താഴെ കാമനകളോട് ചേർന്ന് നിൽക്കുന്ന മനസ്സിനെ അടക്കി ശത്രു ജയി ശത്രുവിനെ കൊല്ലണം സംശയം വേണ്ട ആരെ കാമരൂപം ദുരാസതം ശത്രു ജയി നിന്റെ കാമരൂപമായ നിന്റെ മടിയിലെടുത്തു വെച്ചിലാളിച്ച നിന്റെ പിതാമഹൻ നിനക്കെല്ലാമായിരുന്നു നീ ബഹുമാനിച്ചിരുന്നു അതേ പിതാമഹൻ ഇന്ന് നിന്റെ മുമ്പിൽ ശത്രുവായി പിതാമഹനാണോ ശത്രുവായത് നിന്റെ കാമമാണോ പിതാമഹനെ ശത്രുവാക്കിയത് ചോദ്യം മനസ്സിലായില്ല നിനക്കെല്ലാമായ കുലഗുരു നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്നലെ നിൻ്റെ എല്ലാമായിരുന്ന കുലഗുരു ഇന്നെങ്ങനെയാണ് നിൻ്റെ ശത്രുവായത് അയക്കുമല്ല മാറ്റം വന്നോ നിൻ്റെ എല്ലാമായിരുന്ന ആചാര്യൻ ദ്രോണൻ നിനക്ക് ബ്രഹ്മാസ്ത്രം തരാൻ കർണനെപ്പോലും മടക്കിയവൻ ഇന്ന് നിനക്ക് ശത്രുവായി ഏതളവിലാണ് ശത്രുത നിൻ്റെ കാമം മാറി നിന്നാൽ എങ്ങനെയാണ് അവർ ശത്രുവാവുക ഇതാണ് പരമാർത്ഥം ഇതാണ് കൃഷ്ണൻ പഠിപ്പിച്ചത് അണ്ട് തത്തളിയ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് വിയന്റെ ഗീതാവഖ്യാന വിൻ ഗീതയ്ക്കൊരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് പകലന്തിയോളം കന്നുകൂട്ടിക്കോ കൂലി ചോദിച്ചാൽ പുതിരത്തല്ലിക്കോ കർമ്മണ്യെ വ്യാധികാരസ്ഥേ മാബലേഷ കഥാചന അതാണ് മറ്റതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് എന്നോട് വലിയ ദേഷ്യം വരുമെന്ന് എനിക്കറിയാം എന്നാലും എങ്ങനെയാണ് നാരായണഗുരു അനുകമ്പയിൽ ഈ ശ്ലോകത്തെ സമന്വയിപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു തന്നില്ലെങ്കിൽ ശരിയായില്ല നാരായണഗുരു ഗീത മുഴുവൻ വ്യാഖ്യാനിച്ചില്ല പക്ഷെ കൃഷ്ണനെ അവതരിപ്പിക്കുമ്പോൾ ഗീത മുഴുവനുമുണ്ട് പരമാർത്ഥ മുരച്ചു തേർവ് വിടും പൊരുളോ അരുളും പൊരുളും പരമ്പൊരുളായ ഭഗവാൻ ആയുധമില്ലാത്ത തേരാളിയായ യുദ്ധക്കളത്തിലെത്തി ഒരു കാര്യം ഓർമ്മിപ്പിച്ചു ബ്രഹ്മവിദ്വരനും ബ്രഹ്മവിദ്വരീയനും ബ്രഹ്മവിദ്വരിഷ്ഠനുമായ ആത്മജ്ഞാനിക്ക് ഗുരുകുലമല്ലാതെ മറ്റൊന്നും ഒരിടത്തുമില്ല ലോക മനസാക്ഷിക്ക് മുമ്പിൽ ഇതം പ്രഥമമായി വ്യാസ ഒരു ഗുരുവിനെ ഒരു സൽഗുരുവിനെ അവതരിപ്പിച്ചു സദ്ഗുരുവിനെ നിങ്ങൾ യുദ്ധക്കളത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയാലും അദ്ദേഹത്തിന് ചെയ്യാനുള്ളത് അവിടെ ഗുരുകുലമാക്കി മാറ്റി ഉപദേശിക്കുകയാണ് അല്ലാതെ ആയുധമെടുത്തടരാടുന്നവരോടൊപ്പം അടരാടുകയല്ല അനുകമ്പാദ്രമായ ഈ സമസ്യയാണ് ഭാരതത്തെ ലോകത്തിനു മുമ്പിൽ ഉജ്ജ്വലമാക്കുന്നത് ലോകത്തിനൊരിക്കലും പറയാനില്ലാത്ത ഒരു യുദ്ധക്കളത്തിലെ ജീവോപദേശം നിങ്ങൾ യുക്തിവാദി എന്ന് പറയുമെങ്കിലും സാമ്പശിവൻ ഇത് കഷ്ടിച്ചു കണ്ടറിഞ്ഞിരുന്നു നോക്കൂ അയാളുടെ കൊച്ചു സീത എന്ന കഥാപ്രസംഗം തുടങ്ങുമ്പോൾ ഭാരതത്തിന്റെ മഹിമാവ് തൊട്ടറിഞ്ഞയാൽ മൂന്ന് കാര്യം പറയുമായിരുന്നു ഒന്ന് പറച്ചു വെച്ച മന്തിരൂടം മേഴത്തോൾ അഗ്നിഹോത്രി രജകൻ ഉളിയനു തച്ചനും പിന്നെ വള്ളോൻ വായില്ല ഈ മഹത്വം ഭാരതത്തിന്റെ മഹത്വമാണ് മഹാമാവാണെന്ന് പറഞ്ഞിട്ടയാൾ രണ്ടാമത് പറയുമായിരുന്നു യുദ്ധക്കളത്തിലെ ഗീതോപദേശം എന്നിട്ടാണ് അയാളുടെ കൊച്ചു സീല പറയുന്നത് വേശ്യാലയത്തിലെ ചാരിത്ര ശുദ്ധി കൊച്ചു സീതയുടെ കഥയതാണ് സാമ്പശിവൻ ഗീത നൂറ്റാണ്ടുകളായി ചുമക്കുന്ന തലമുറ ഞാൻ പറഞ്ഞു കടന്നു എന്നറിയില്ല അച്ഛനും അപ്പൂപ്പനും അപ്പൂപ്പൻ്റെ അച്ഛനും ചുമന്ന ഗീത ഞാനും ചുമക്കുകയും വായിക്കുകയും രണ്ട് ശ്ലോകവും കൂടുകയും ചെയ്തിട്ടും സാമ്പശികനോളമെങ്കിലും ഇതറിഞ്ഞില്ലെങ്കിൽ കഷ്ടം അതിനാണിത് പറയുന്നതെന്ന് ആദ്യം തോന്നിയില്ലല്ലേ അത് കഷ്ടമാണ് അതുകൊണ്ട് പരമാർത്ഥം ഉരച്ചു തയർവിടും പോലുള്ളോ രണ്ടാം ഭാഗം ഭൂതദയാക്ഷമാപ്തിയോ ബുദ്ധൻ ബുദ്ധനെ നിങ്ങൾക്കറിയാം കപിലവസ്തു ഒരുപാട് കവികൾക്ക് വിഷയമായതാണ് അതിലേറ്റവും ശ്രദ്ധേയമായത് ബുദ്ധൻ്റെ ആഗമനം കാത്തിരിക്കുന്ന ഒരു രംഗമുണ്ട് ബുദ്ധൻ പോയി ബുദ്ധൻ്റെ തിരിവ് അനുകമ്പയിൽ നിന്നാണ് തെരാളിയോടൊപ്പം തേരിൽ പോകുമ്പോൾ ഒരു ജഡവും ഒരു വാർദ്ധക്യം വന്ന ഒരു മനുഷ്യനും ഒരു വൃക്ഷക്കാരനും ഇവരെ കണ്ടതാണ് ബുദ്ധൻ്റെ മാറ്റത്തിന് കാരണം തന്നെ മുഖ്യമായ ബോധോദയമൊക്കെ ജപിച്ചു കഴിഞ്ഞ് നീങ്ങുന്ന ബുദ്ധനെ കാത്തിരിക്കുന്നൊരു കൊട്ടാരമുണ്ട് പുത്രൻ രാഹുലൻ ഇടയ്ക്കിടയ്ക്ക് യശോധനയോട് ചോദിക്കും അമ്മയോട് അച്ഛൻ നിന്റെ അച്ഛൻ ലോകം വെട്ടി പിടിക്കാൻ കാരണം ക്ഷത്രിയയിൽ ലോകം വെട്ടി പിടിക്കാൻ പോകുന്നവരാണ് അപ്പം മകനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അപ്പം വീരോചിതമായി പറഞ്ഞു കൊടുത്തു നിന്റെ അച്ഛൻ ലോകം വെട്ടി പിടിക്കാൻ പോയതാണ് ഇങ്ങനെ കേട്ട് കേട്ട് മകൻ അസ്വസ്ഥനായിരിക്കുകയാണ് ഒരു ദിവസം പരിധൂസരമായ സാരിതൻ തുമ്പിൽ തുരുപ്പിടി ചേകയായി ശ്രഷ്ണശിലാമയ ഭിത്തിമേൽ ചാരി നിൽക്കുന്നു യശോധര കവിതഗംഭീരവുമാണ് അപ്പോഴാ മകൻ വീണ്ടും ചോദിച്ചു അച്ഛൻ അപ്പൊ ബുദ്ധനും ഭിക്ഷുക്കളും കൂടെ കൂടി പഠിക്കൽ എത്തിയിട്ടുണ്ട് യശോധന ചൂണ്ടിക്കാണിച്ചു ആ നിൽക്കുന്ന നിന്റെ അച്ഛൻ കാവ്യവസ്ത്രത്താൽ സമാച്ഛാദിത ശരീരനായി കേവലം ഭസ്മാലുതഗ്രീവനായി നിൽക്കുന്ന ആ ബുദ്ധനെ കണ്ടു മകൻ ഓടിച്ചെന്ന് നമസ്കരിച്ചു പഴയ രീതി അനുസരിച്ച് മകനെ പിടിച്ചെഴുന്നേൽപ്പിച്ചപ്പോഴും മകൻ അച്ഛനോട് ചോദിച്ചു അച്ഛൻ ലോകം വെട്ടിപ്പിടിച്ചോ അച്ഛനും ഉത്തരം പറഞ്ഞു ഇല്ലെന്നല്ല പറഞ്ഞു വെട്ടിപ്പിടിച്ചു വന്നിരിക്കുക താണ്ടി വന്നിരിക്കുക ഈ ലോകമെല്ലാം വെട്ടിപ്പിടിച്ച് അച്ഛൻ എനിക്ക് എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത് മോൻ മോശക്കാരൻ ഒന്നുമല്ല ലോകം നടുക്കുന്ന ഒരു മറുപടി ഉണ്ട് അതിലാണ് കൂടുതൽ ബിംബിസാരന്റെ യാഗശാലയിലേക്കാണ് മോനെ െങ്കോല് പിടിക്കാൻ നിന്റെ കൈക്ക് കരുത്തുണ്ടാകാം പക്ഷേ ഈ ചുരത്തണ്ട് കയ്യിലെത്താൻ ആ കരുത്ത് പോര മോ ഇനി ഇന്ത്യയിലെ സന്യാസി വർഗങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഭാരതീയ ജ്ഞാന പൈതൃകത്തിന് കോട്ടമുണ്ടാകുമായിരുന്നില്ല ഭാരതീയ ജ്ഞാന സമ്പ്രദായത്തിന് ുദ്ധൻ്റെ ഈ മനോഹരമായ ശബ്ദം പഥ്യമായിരുന്നെങ്കിൽ ഒരിക്കലും ഭാരതീയ ജ്ഞാനസരണി വഴിതെറ്റുമായിരുന്നില്ല ചെങ്കോലെന്തുവാൻ കരുത്തുള്ള കരങ്ങൾ പോരാ ഭിക്ഷാപാത്രമായ ചുരത്തണ്ട് കയ്യിലെത്താൻ മോളിലേക്ക് പോകാൻ അഹന്തയുടെ പടവുകൾ മതി താഴെ ഇറങ്ങാൻ അഹന്താനിർമർജനത്തിൻ്റെയും അനുകമ്പയുടെയും അത്യന്തസുന്ദരമായ അനുഭവ വൈവിധ്യം വേണം ബുദ്ധൻ പറഞ്ഞതിൽ ഏറ്റവും മനോഹരമായ അനുകമ്പാർദ്ദമായ വചനങ്ങൾ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നിങ്ങൾക്ക് എന്തുമാകാം ഏത് നിലയിലേക്കും പോകാം പക്ഷേ ഭിക്ഷാടനത്തിനിറങ്ങണമെങ്കിൽ അതിൻ്റെ സിംബലായ അഗ്നി അണിയണമെങ്കിൽ അച്ഛനും അമ്മയും ആചാര്യനും നിങ്ങളും ആറുവട്ടമോ ഏഴുവട്ടമോ ആലോചിച്ചാൽ പോരാ കാരണം അത് ആത്യന്തികമാണ് തിരിച്ചുപോക്കില്ലാത്തതാണ് ഇത് ബുദ്ധൻ ഭംഗിയായി പറയുന്നുണ്ട് മാത്രവുമല്ല ബുദ്ധന്റെ അനുകമ്പയുടെ മുഖങ്ങൾ കാണാൻ വാച്ചകോട്ടയുമായൊരു സംഭാഷണമുണ്ട് വാച്ചകോട്ട ഒരു വാണ്ടറിംഗ് മുങ്കാണ് അയാൾ ബുദ്ധനെ സമീപിച്ചിട്ട് ചോദിക്കും ആത്മാവുണ്ടോൾ ബുദ്ധൻ ഒന്ന് ചിരിക്കുക മാത്രമേ അയൽ മറുപടി പറഞ്ഞു സോ ദ സോൾ ദസ് ഇൻസിസ്റ്റ് ആദിനം ബുദ്ധന ഒന്ന് ചിരിച്ചു അയാൾ നടന്നു പോയപ്പോൾ ആനന്ദം ചോദിച്ചു അവരൾ സോൾ वुഡ്വേഡിന്റെ ട്രാൻസ്ലേഷനിൽ നിന്നാണ് ഞാൻ ഇതി പറയുന്നത് അല്ലയോ മഹാനഭാവാ എന്താണ് അങ്ങ് മറുപടി പറയാ വെച്ചിരുന്നത് ആനന്ദൻ അവന്റെ ആത്മക ചോദ്യത്തിനെ ഞാൻ മറുപടി പറഞ്ഞു ആത്മാവുണ്ടോ എന്ന ചോദ്യത്തിനുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ഈശ്വര പേരിൽ കുറെ ബ്രാഹ്മണർ ജനങ്ങളെ കളിപ്പിച്ചുണ്ണും അവൻ വീണ്ടും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇല്ല എന്ന് സമ്മതിച്ചാൽ നിഹിലിസ്റ്റുകളായ യുക്തിവാദികളായ ബ്രാഹ്മണർ അവരുടെ ഊൺ അതുകൊണ്ട് കഴിക്കും ആത്മാവ് പറയേണ്ടതല്ല അറിയപ്പെടേണ്ടതാണ്